ധ്യായം പതിനൊന്ന് എന്നാൽ ഈ ശായിയുടെ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും അവന്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും അവന്റെ യഹോവയുടെ ആത്മാവ് ആവസിക്കും ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ് ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ് പരിജ്ഞാനത്തിന്റെയും യഹോവഭക്തിയുടെയും ആത്മാവ് തന്നെ അവന്റെ പ്രമോദം യഹോവഭക്തിയിൽ ആയിരിക്കും അവൻ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ന്യായപാലനം ചെയ്യുകയില്ല ചെവി കേൾക്കുന്നത് പോലെ വിധിക്കുകയുമില്ല അവൻ ദരിദ്രന്മാർക്ക് നീതിയോടെ ന്യായം പാലിച്ചു കൊടുക്കുകയും ദേശത്തിലെ സാധുക്കൾക്ക് നേരോടെ വിധി കൽപ്പിക്കുകയും ചെയ്യും തന്റെ വായ എന്ന വടി അവൻ ഭൂമിയെ അടിക്കും തന്റെ അധരങ്ങളുടെ ശ്വാസം കൊണ്ട് ദുഷ്ടനെ കൊല്ലും നീതി അവന്റെ നടുക്കെട്ടും വിശ്വസ്തത അവന്റെ അരക്കച്ചയും ആയിരിക്കും ചെന്നായി കുഞ്ഞാടിനോടുകൂടെ പാർക്കും പുള്ളിപ്പുലി കോലാട്ടു കൂടെ കിടക്കും പശുക്കിടാവും ബാലസിംഹവും അവയുടെ കുട്ടികൾ ഒരുമിച്ചുകിടക്കും സിംഹം കാളയെന്നപോലെ വൈക്കോൽ തിന്നും മുലകുടിക്കുന്ന ശിശു സർപ്പത്തിന്റെ പോതിങ്കൽ കളിക്കും മുലകുടി മാറിയ പൈതൽ അണലിയുടെ പൊത്തിൽ കൈയിടും സമുദ്രം വെള്ളം കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് ഭൂമി യഹോവിയുടെ പരിജ്ഞാനം കൊണ്ട് പൂർണമായിരിക്കയാൽ എന്റെ വിശുദ്ധ പർവ്വതത്തിലെങ്ങും ഒരു ദോഷമോ നാശമോ ആരും ചെയ്യുകയില്ല ിൽ വംശങ്ങൾക്ക് കൊടിയായി നിൽക്കുന്ന ഇഷായി വേരായവനെ ജാതികൾ അന്വേഷിച്ചുവരും അവന്റെ വിശ്രാമസ്ഥലം മഹത്വമുള്ളതായിരിക്കും അന്നാളിൽ കർത്താവ് തന്റെ ജനത്തിൽ ശേഷിച്ചിരിക്കുന്ന ശേഷിപ്പിനെ അശൂരിൽ നിന്നും മിസ്രൈമിൽ നിന്നും പത്രോസിൽ നിന്നും കൂശിൽ നിന്നും ഏലാമിൽ നിന്നും ഷിനാരിൽ നിന്നും ഹമാത്തിൽ നിന്നും സമുദ്രത്തിലെ ദ്വീപുകളിൽ നിന്നും വീണ്ടുകൊള്ളുവാൻ രണ്ടാം പ്രാവശ്യം കൈനീട്ടും അവൻ ജാതികൾക്ക് ഒരു കൊടിയുയർത്തി ഇസ്രയേലിന്റെ ഭ്രഷ്ടന്മാരെ ചേർക്കുകയും യഹൂദയുടെ ചിതറിപ്പോയവരെ ഭൂമിയുടെ നാലു ദിക്കുകളിൽ നിന്നും ഒന്നിച്ച് കൂട്ടുകയും ചെയ്യും യഫ്രയിമിന്റെ അസൂയ നീങ്ങിപ്പോകും യഹൂദയെ അസഹ്യപ്പെടുത്തുന്നവർ ഛേദിക്കപ്പെടും യഫ്രൈം യഹൂദയോട് അസൂയപ്പെടുകയില്ല യഹൂദ യഫ്രീമിനെ അസഹ്യപ്പെടുത്തുകയുമില്ല അവർ പടിഞ്ഞാറ് ഫെലിസ്തീരുടെ മലഞ്ചരുവിന്മേൽ ചാടും കിഴക്കുള്ളവരെയൊക്കെയും കൊള്ളയിടും ഏതോമിന്മേലും മോവാവിന്മേലും കൈവയ്ക്കും അമ്മോന്യർ അവരെ അനുസരിക്കും യഹോവ മിസ്രൈൻ കടലിന്റെ നാവിന് ഉന്മൂലനാശം വരുത്തും അവൻ ഉഷ്ണക്കാറ്റോടുകൂടെ നദിയുടെ മീതെ കയോങ്ങി അതിനെ അടിച്ച് ഏഴ് കൈവഴികളാക്കി ചെരുപ്പ് നനയാതെ കടക്കുമാറാക്കും മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട നാളിൽ ഇസ്രയേലിന് ഉണ്ടായിരുന്നതുപോലെ അശൂരിൽ നിന്ന് അവന്റെ ജനത്തിൽ ശേഷിക്കുന്ന ശേഷിപ്പിന് ഒരു പെരുവഴിയേ ഉണ്ടാകും